sir sri ha sala namo sri smirebana lale sala hiri യും അധ്യായം ഒന്ന് പ്രഥമനുവാഗം മന്ത്രമൊന്നും സത്യം ഞാനും അനന്തരം ഞാനോരോ പദത്തിൻ്റെയും വിശദീകരണമാണുണ്ട് സത്യം ജ്ഞാനം അനന്തം ഈ മൂന്ന് പദങ്ങളും കൂടിച്ചേർന്ന് ഒരർത്ഥത്തെ പറയുന്നു അതിനൊന്നാണ് ബ്രഹ്മം അതെന്താണെന്ന് വ്യക്തമാകുന്നു പറഞ്ഞു ബ്രഹ്മം അത് വിശേഷമാണ് അതും അർത്ഥവത്താണ് ഏറ്റവും നല്ലത് ഏറ്റവും മഹത്തായത് എന്നർത്ഥമുണ്ട് സത്യജ്ഞാനന്ദം ഈ മൂന്ന് ശബ്ദങ്ങളും കൊണ്ട് ആ ബ്രഹ്മം മഹത്തായത് ജഗത്കാരണമായ പരമാർത്ഥ സത്യമാണ് അതാണ് ശ്രോതാവിന്റെ സ്വരൂപം എന്ന് വ്യക്തമാക്കുന്ന ഒന്നാണ് ബ്രഹ്മശബ്ദോർ അർത്ഥവാനുക പറയുന്ന എന്തുകൊണ്ടോ മുമ്പ് ആക്ഷേപരൂപത്തിൽ പറഞ്ഞു അത് മൃഗ കൃഷ്ണാംബശിശ്യനാഥ എന്ന് പറഞ്ഞതുപോലെ അർത്ഥശൂന്യമായ ഒന്നാണ് ശബ്ദമുണ്ട് പക്ഷെ കേട്ടുകഴിഞ്ഞാലൊന്നുമില്ല ഖപുഷ്പകൃതശേഖര എന്ന് പറഞ്ഞാൽ എന്തോ പറയുന്നതായി തോന്നും പക്ഷെ അവിടെ ഒന്നും പറയുന്നില്ല അതുപോലെ ബ്രഹ്മം എന്ന് പറഞ്ഞുകഴിഞ്ഞാലും അർത്ഥമില്ലാത്തൊരു ശബ്ദം എന്ന് ധരിക്കരുത് അത് അർത്ഥമുള്ള ശബ്ദമാണ് ഖപുഷ്പം എന്ന് പറയുന്ന പോലെയല്ല ആകാശഭം ആകാശത്തിനർത്ഥമുണ്ട് കുസുമത്തിനും അർത്ഥമുണ്ട് പക്ഷെ ആകാശകുസുമം എന്ന് ആകാശത്തിൽ വിരിയുന്ന പുഷ്പം എന്ന് പറഞ്ഞാൽ അതിനർത്ഥമുണ്ട് ആകാശത്തിൽ പുഷ്പം വിരിയുന്നതിന് യാതൊരു സാധ്യതയുണ്ട് അത് ഭൂമിയിലേ ഉണ്ടാവും പിന്നെ ആകാശകുസുമെന്ന് പറഞ്ഞാലും ഇല്ലാത്തതിനു വേണ്ടി പറയുന്നൊരു പ്രയോഗമാണ് അതുപോലെ തന്നെ ബ്രഹ്മശ് അർത്ഥവത്തായ ഒരു ശബ്ദമാണ് അതിനു വേണ്ടിയിട്ടാണ് സത്യം ജ്ഞാനം അനന്തം എന്ന മൂന്ന് വിശേഷങ്ങൾ തത്വം എന്താണോ അതിനെ എങ്ങനെ നിഷ്കർഷിച്ച് ഗ്രഹിക്കണം എന്നതിന് വേണ്ടിയിട്ടാണ് ഈ വിശദീകരണങ്ങൾ തത്ര അനന്തശബ്ദവും അന്തവത്വ പ്രതിഷേധദ്വാരേണ വിശേഷം സത്യം ജ്ഞാനം ഈ രണ്ട് ശബ്ദത്തിൽ നിന്നും വ്യത്യസ്തമുണ്ട് അനന്തശബ്ദത്തിൽ നിഷേധാർത്ഥത്തിലുള്ള നബിയം സംസ്കൃതത്തിൽ അതിന് നഞ്ഞ എന്ന് പറയും നിഷേധത്തിൽ ഉപയോഗിക്കുന്നതാണ് അന്ത അനന്ത ന കഴിഞ്ഞു അന്ത ശബ്ദം അനന്തം എന്ന് പറയുന്നു അശ്വ അനശ്വ എന്ന് പറയുന്നത് നഞ്ഞ് ഘടിത ശബ്ദം എന്ന് പറയുന്നു അസുഖയുടെ രണ്ട് പദങ്ങളാണ് നു പറയുന്ന ഒരു പദം അന്ത എന്ന് പറയുന്ന മറ്റൊരു പദം രണ്ടിനെ കൂട്ടിച്ചേർത്തിരിക്കുകയാണ് അനന്തം സത്യം അങ്ങനെയുണ്ട് ഒറ്റ പദം സത്യം ജ്ഞാനം ഒറ്റപദം അനന്ത രണ്ടു പദങ്ങൾ കൂട്ടിച്ചേർന്ന ഒരു പദമായി മാറി അപ്പൊ ആ ശബ്ദത്തിൽ നിന്ന് പ്രത്യേകതയുണ്ട് അത് നിഷേധത്തിൽ തുടങ്ങുന്നു ബ്രഹ്മത്തെ വിശേഷിപ്പിക്കുന്നതിന് അങ്ങനെ നിഷേധത്തിൽ തുടങ്ങുന്ന ഒരു ശബ്ദം എന്തുകൊണ്ട് ഉപയോഗിച്ചു പൊതുവേ നിഷേധത്തിൽ തുടങ്ങുന്നതിനളകരമായിട്ടല്ല കാണാറുള്ളത് പക്ഷെ ഇവിടെ ബ്രഹ്മത്തിനങ്ങനെ ഒരു വിശേഷം ഉപയോഗിച്ചു ബ്രഹ്മത്തിനങ്ങനെ ഒരു ശബ്ദത്തെ വിശേഷമായി ഉപയോഗിക്കുമ്പോൾ അതിലമംഗളൊന്നുമില്ല എന്തുകൊണ്ട് അത് അന്തപത്തുമ്പോൾ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് നാശത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ാശത്തെ നിഷേധിച്ചു അവിടെ നിത്യത സിദ്ധമാകും അത്ര അനന്തശബ്ദോപി അന്ധപത്വ പ്രതിഷേധത്വരെയാണ് അന്ധവത്വത്തെ നിഷേധിക്കും കഴിഞ്ഞ സംഭവിച്ചോ സത്യം ജ്ഞാനം അനന്ത ജ്ഞാനമെന്ന് പറഞ്ഞാൽ അതിൽ അന്ധത്വം വരാം ജ്ഞാനം അറിവ് അതുണ്ടാകുന്നതും നശിക്കുന്നതുമായിട്ട് നമുക്ക് അനുഭവമുണ്ട് പക്ഷെ അനന്തം എന്ന് പറഞ്ഞാൽ അന്തപത്വത്തെ പരിഛിന്നതയൊ നിഷേധിക്കും അത് അപരിച്ഛിന്നമാണോ വ്യാപകമാണോ അങ്ങനെ അത് വിശേഷമായി എത്തിയിരുന്നു ഫലത്തിൽ ഇതാണോ അന്തം ഇല്ലാത്തത് അന്ധത്തിന്റെ അഭാവം എന്ന് പറയും സംസ്കൃതത്തിൽ അന്തത്തിന്റെ അഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേവലൊരു അഭാവമുണ്ട് മേശയുടെ പുറത്ത് പുസ്തകം ഇരിക്കുന്നു പുസ്തകമുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു ഭാവമാണ് പുസ്തകത്തെ അവിടുന്ന് എടുത്ത് മാറ്റി എന്നിട്ട് പറയുന്നു പുസ്തകമില്ല പുസ്തകമില്ലാന്ന് പറഞ്ഞാൽ അതൊരു നിഷേധമാണ് ഒരു അഭാവമാണ് അഭാവമാണെന്ന് നമുക്ക് തോന്നും പക്ഷെ അവിടെ ഒരു അഭാവമില്ല എന്തുകൊണ്ട് മേശയുടെ പുറത്താണ് നമ്മൾ പറയുന്നത് പുസ്തകമില്ല പുസ്തകമില്ലാന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എന്ത് കാണുന്നു മേശ കാണുന്നു പുസ്തകമില്ല എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഇല്ലായ്മ എന്ന് പറയുന്ന വാസ്തവത്തി മേശ തന്നെ മേശയെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് പറയുന്നത് പുസ്തകത്തിൻ്റെ ഇല്ലായ്മ അത് മേശ അതുപോലെ അന്തത്തിന്റെ അഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് സത്യം പക്ഷേ സത്യം ഒന്ന് നേരിട്ട് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ളൂ എന്തുകൊണ്ട് നമുക്ക് പരിചയമുള്ളത് തന്നെ അസത്യം ഉണ്ടാകുന്നതും നശിക്കുന്നതും മാത്രമേ നമുക്ക് പരിചയമുള്ളൂ അപ്പോൾ അതിനിടെ ഗഥാസത്യം അതുകൊണ്ട് പറയുന്നു ആ ഉണ്ടായി നശിക്കുന്ന അന്തത്വങ്ങളെ എല്ലാത്തിനേയും നിഷേധിക്കുന്നു പിന്നീട് ശേഷിക്കുന്നു ബാധാവധി അതാണ് സത്യം അനന്തം എന്ന് പറയുമ്പോഴും അത് നിഷേധാത്മകമല്ല എന്നെച്ചത് ഭാവാത്മകമാണ് പക്ഷെ അതിനുവേണ്ടി എന്ത് ചെയ്തു അന്തത്തെ നിഷേധിക്കേണ്ടി വന്നു നിഷേധത്തിലൂടെ ഭാവത്തിലെത്തിച്ചേരും അതിനുവേണ്ടിയിട്ടാണ് നമ്മുടെ അനുഭവത്തിൽ നിഷേധത്തിന് വലിയ സ്ഥാനമുള്ളതുകൊണ്ട് അതിനനുഷേധിക്കും അതിനുവേണ്ടി അനന്തശബ്ദം ഉപയോഗിച്ചു മറ്റു രണ്ട് ശബ്ദങ്ങളിൽ നിന്നും വ്യത്യസ്തമായ അനന്തശബ്ദൊക്കെ ഉപയോഗിച്ചു സത്യജ്ഞാന ശബ്ദവും സ്വാർത്ഥ സമർപ്പണേനൈവ വിശേഷണേ ഭൂത സത്യജ്ഞാന ശബ്ദങ്ങൾ രണ്ടെണ്ണം അത് ഇതുപോലെ നിഷേധത്തിലൂടെ അല്ല ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നു സ്വാർത്ഥ സമർപ്പണേനൈവ അവിടെ പറയുന്നതിന് തന്നെ ഒരർത്ഥമുണ്ട് എന്ന് പറയാൻ നിഷേധം കൂടാതെയുള്ള അർത്ഥം മറ്റൊരു നിഷേധത്തിലൂടെ കറങ്ങി അവിടെ എത്തണം വിടെ എന്റെ മുമ്പിൽ മേശയുണ്ട് എന്ന് പറയുന്നതിന് പോലും ഞാൻ പറയാണ് ഇവിടെ പുസ്തകത്തിന്റെ അഭാവമുണ്ട് കാര്യം രണ്ടും ഒന്നു തന്നെ പക്ഷെ ഒരിടത്ത് പുസ്തകത്തെ നിഷേധിച്ചുകൊണ്ട് മേശ ബോധിപ്പിക്കും രണ്ടാമത് നേരിട്ട് പറയുന്ന മേസ്യണ്ട് അതാണ് സ്വാർത്ഥ സമർപ്പണം എന്ന് പറയുന്നത് അങ്ങനെ വിശേഷണി ബോധ വിശേഷണങ്ങളാകുന്നു രണ്ട് വിശേഷം എന്തിന് ആ ബ്രഹ്മത്തെ നമ്മുടെ അനുഭവത്തിന് വിഷയമായിരിക്കുന്ന സർവത്തിൽ നിന്നും വേർതിരിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ അനുഭവത്തിനും വിഷയമാകാതിരിക്കുന്നു സർവത്തിൽ നിന്നും വേദിതിരിക്കാൻ വേർതിരിച്ച് ആ തത്വത്തെ വേണ്ടി സത്യജ്ഞാന രണ്ടും ഉപയോഗിച്ചിരിക്കുന്നു അങ്ങനെ ഒരു തത്വത്തെ ബോധിപ്പിക്കുന്നതുകൊണ്ട് ജീവനെന്താ പ്രയോജനം അങ്ങനെ അടുത്ത് ചർച്ച ചെയ്യുന്നത് തത്വം എന്ന് പറയുന്നത് ഇവിടെ ബ്രഹ്മത്വ തത്വമായി പറയുന്നു തത്വമായി എന്തിനേയും പറയാം ഒരാൾ പറയുന്ന ഇരുപത്തിനാല് തത്വമുണ്ട് ഒരാൾ പറയുന്ന പതിനാല് തത്വമുണ്ട് ഒരാൾ പറയുന്ന തൊണ്ണൂറ്റിനാല് തത്വമുണ്ട് ഇങ്ങനെ തത്വത്തെ പലതരത്തിലും ബോധിപ്പിക്കുക അങ്ങനെ തത്വത്തെ ബോധിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് ജീവന്റെ അറിവ് അത് വർദ്ധിക്കും അയാൾ ഇതുവരെ അറിയാതിരുന്നു കൂടുതൽ കാര്യങ്ങളെ അറിയുന്നു ഇതുവരെ ബ്രഹ്മത്തെ അറിയാതിരുന്നു ്രഹ്മത്തെക്കുറിച്ച് കൂടുതൽ അറിവുണ്ടായി നമ്മളതാണല്ലോ ശ്രമിക്കുന്നത് മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും പഠിച്ചു ഇനി ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ് അതിനെ കുറിച്ച് പഠിക്കും എന്നുവെച്ചാൽ അതിനെ കുറിച്ച് അറിയണം അതിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരറിവ് വരും അറിവിന്റെ വ്യാപ്തി കൂടുന്നു അറിവിന്റെ വ്യാപ്തി കൂടുന്നത് കൊണ്ട് ജീവൻ എന്താ പ്രയോജനം ഉണ്ടാവുന്നു ഞാൻ അറിവിന്റെ വ്യാപ്തി കൂടിയ സാധാരണഗതി എന്താ സംഭവിക്കുന്നത് അഭിമാനം ഉണ്ടാവും ഞാൻ അറിവുള്ളവനാണ് ഇതുവരെ ഇല്ലാതിരുന്ന പുതിയ അറിവുകൾ ഉണ്ടായ ആളാണ് അങ്ങനെയുള്ള അഭിമാനം ഉള്ളിൽ അനുഭവപ്പെടും അതൊക്കെ വിഞ്ഞൊന്നും സംഭവിക്കത്തില്ല അതുകൊണ്ട് ഇവിടെ എന്താ പ്രയോജനം അല്ലെങ്കിൽ ഈ ബ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവ് ശ്രോതാവിന് എങ്ങനെയാണത് പ്രയോജനപ്പെടുന്നത് അടുത്ത് പറയുന്നത് ഇതാണ് ഗ്രഹിക്കേണ്ടത് ബ്രഹ്മത്തെ എത്രയെല്ലാം വ്യാഖ്യാനിച്ച് എന്തെല്ലാം ലക്ഷണങ്ങളുമുണ്ട് സ്വരൂപ ലക്ഷണമോ തടസ്സ ലക്ഷണമോ എന്തെല്ലാം ലക്ഷണങ്ങളിലൂടെ അതിനെ മനസ്സിലാക്കിയായിരുന്നു ശരി അതുകൊണ്ട് വിശേഷ പ്രയോജനമൊന്നും ഉണ്ടാവത്തില്ല കേവലം ആ അറിവിലുള്ള അഭിമാനം അത് കവിഞ്ഞൊന്നും സംഭവിക്കത്തില്ല അത് മറ്റേതെങ്കിലും ഒരു അറിവിലുള്ള അഭിമാനം പോലെയുള്ളൂ നമ്മൾ ഏതെങ്കിലും വിഷയങ്ങളെ പഠിക്കും അറിയാതിരുന്ന പുതിയ വിഷയങ്ങളെ അറിയുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും ്രഹ്മത്തെ നമ്മൾ അങ്ങനെ വളരെ വിശദമായി ചർച്ച ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അത് പത്രം വായിക്കുന്നതുപോലെയുള്ളു അതിന് നമ്മൾ ഒരുപാട് പുതിയ പുതിയ അറിവ് സമ്പാദിക്കുന്നു അതിന് വിശേഷിച്ചൊരു പ്രയോജനം ചെയ്തി അതുകൊണ്ട് ശ്രുതി എന്ത് ചെയ്യുന്നു തസ്മാത്മനഹ ദി ബ്രഹ്മണ്യവാത്മശബ്ദ പ്രയോഗ ശ്രുതി എപ്പോഴും ചെയ്യുന്നത് ഈ പറയുന്ന തത്വത്തെ വളരെ വിശദീകരിച്ചതിന് ശേഷം ആ തത്വത്തെ ആത്മാവായി ബോധിപ്പിക്കുന്നു അവിടെയാണ് എന്റെ പ്രയോജനം മറ്റൊരറിവിനും അതിനുള്ള ശേഷി നമ്മൾ എന്തെല്ലാം അറിവ് സമ്പാദിച്ചാലും ആ അറിവ് തന്റെ സ്വരൂപമാണെന്നും ധരിക്കാൻ പറ്റത്തില്ല മറിച്ച് ഞാൻ ആർജിച്ച അറിവാണ് തന്റെ ബുദ്ധിയിൽ നിൽക്കുന്ന അറിവാണ് തന്റെ ബുദ്ധിയെ ആശ്രയിക്കുന്ന അറിവാണ് ഇവിടെ അദ്വൈതത്തിലെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഇതാണ് ബ്രഹ്മത്തെ എങ്ങനെ വേണോ മനസ്സിലാക്കുക എത്ര കോടിക്കോടി ഗ്രന്ഥങ്ങളിലൂടെ ബ്രഹ്മത്തെ വർണ്ണിക്കുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല കൂടുതൽ അറിയാൻ ശ്രമിച്ചാൽ ബുദ്ധിക്ക് കൂടുതൽ ആയാസം ഉണ്ടാകും ശ്രുതി എന്താണ് ബോധിപ്പിക്കുന്നത് ബ്രഹ്മണ്ത്മശ്ദ്രയോഗ്രഹ്മത്തിൽ ആത്മശബ്ദത്തെ പ്രയോഗിച്ചിരിക്കുന്നു കരിൽ കൂട്ടി മനഃപ്പൂർവ് ബ്രഹ്മെന്ന് പറഞ്ഞാൽ വളരെ ബൃഹത്തായത് വലുതായത് വേണമെങ്കിൽ അതിനെ കുറിച്ച് നമുക്ക് ധരിക്കാം എന്താണ് അത് ജഗത്തിന് കാരണമാണ് അതാണ് ശിഷ്യ സ്ഥിതി സംഹാരങ്ങളെല്ലാം ചെയ്യുന്നത് അതുതന്നെയാണ് ഈശ്വരൻ അതാണ് സഗുണം അതാണ് നിർഗുണം ഇങ്ങനെയൊക്കെ ധരിക്കാം അതുകൊണ്ടിവിടെ യാതൊരു പ്രയോജനവും കാണുന്നില്ല ശ്രുതിക്കും അതുകൊണ്ട് ബ്രഹ്മത്തിൽ എന്തു ചെയ്തിരിക്കുന്നു ആത്മശബ്ദം ചെയ്യുന്നു ബ്രഹ്മത്തെ ആത്മാവെന്ന് പറയും ആത്മാവെന്ന് പറഞ്ഞാൽ സ്വരൂപം ആരുടെ എന്തിന്റെ സ്വരൂപം ശ്രോതാവിന്റെ സ്വരൂപം ആരാണോ ഈ ശ്രുതി ശ്രവിക്കുന്നത് ഏതൊരു തത്വത്തെയാണ് ശ്രുതി ശ്രോതാവിനെ ബോധിപ്പിക്കുന്നത് ആ തത്വം ശ്രോതാവിന്റെ സ്വരൂപം തന്നെ വേദിതുഹു ആത്മാവ ബ്രഹ്മ അതിനുവേണ്ടിട്ടാണ് തസ്മാസ്മാത് ആത്മനഹ ബ്രഹ്മണ എന്നവിടെ പറഞ്ഞില്ല ആ പ്രയോഗത്തിലാണ് ഭാഷകാരൻ പ്രത്യേകം ഊന്നൽ കൊടുക്കുന്നത് എന്തുകൊണ്ടവിടെ ബ്രഹ്മണഹെന്ന് പറഞ്ഞില്ല രണ്ടുരണ്ട് കാര്യങ്ങളാണ് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ വളരെ മഹത്വം ബൃഹത്വമായ ഒന്ന് താൻ അറിയേണ്ടത് സാക്ഷാത്കരിക്കേണ്ടതായ ഒരു വലിയ തത്വം എന്നെല്ലാം നമുക്ക് ധരിക്കാം അല്ലെങ്കിൽ അതിനെ അറിഞ്ഞുകഴിഞ്ഞാൽ ബന്ധ അവസാനിക്കും മോക്ഷം കിട്ടും ഇങ്ങനെയെല്ലാം ധരിക്കാം പക്ഷെ അതുകൊണ്ട് കാര്യമില്ല അവിടെ ബ്രഹ്മണഹ എന്ന് പ്രയോഗിക്കാതെ ശ്രുതി ആത്മനഹ എന്ന് പ്രയോഗിച്ചു ഈ തത്വവും വേദി വേദിത്താവ് എന്നുവെച്ചാൽ ശ്രോതാവ് ആ ശ്രോതാവിന്റെ സ്വരൂപമാണ് എന്ന് ബോധിപ്പിക്കുകയാണ് ആ ഒരു ബോധം കൊണ്ട് മാത്രമേ പ്രയോജനമുണ്ടത്യന്തികമായ സംസാര നിവൃത്തി എന്ന് പ്രയോജനം ഉണ്ടാവും അല്ലെങ്കിൽ മോക്ഷം പ്രയോജനം ഉണ്ടാവൂ അതാണ് ദ്വീതത്തിന്റെ കാതൽ ആയ വിഷയം ബ്രഹ്മത്തെ ധരിക്കുന്നതല്ല ദ്വീപ് ബ്രഹ്മത്തെ ധരിക്കുന്നത് മാത്രമല്ല ബ്രഹ്മതത്വത്തെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുന്നതല്ല മറിച്ച് ആ തത്വത്തെ സുസ്വരൂപമായി ഗ്രഹിക്കുന്നത് അവിടെയാണ് അന്തർമുഖതയുടെ ആവശ്യം വരുന്നത് ബ്രഹ്മതത്വത്തെ ഗ്രഹിക്കുന്നതിന് ബുദ്ധിക്ക് ഏകാഗ്രത ഉണ്ടായാൽ മനുഷ്യൻ ബ്രഹ്മത്തത്വം എന്താണ് അത് ഗ്രഹിക്കാൻ പറ്റുന്നത് പക്ഷേ അതിനെ ആത്മാവായി ഗ്രഹിക്കണമെങ്കിൽ ഏകാഗ്രത കൊണ്ട് മാത്രം പറ്റും അന്തർമുഖത എന്ന് പറയും അതിനുള്ള യോഗ്യതയെ ഗുണത്തെ അന്തർമുഖത കൊണ്ട് മാത്രമേ അത് ഗ്രഹിക്കാൻ പറ്റൂ അതുകൊണ്ടാണ് ശാസ്ത്രങ്ങളിലെല്ലാം പറയുന്നത് ബുദ്ധി കൊണ്ട് ഇതിനുഗ്രഹിക്കാൻ കഴിയത്തില്ല ശാസ്ത്രം കൊണ്ട് ഇതിനെ ഗ്രഹിക്കാൻ കഴിയത്തില്ല പുസ്തകം പഠിച്ചതുകൊണ്ട് ആത്മാവിനെ അറിയാൻ കഴിയത്തില്ല എന്തുകൊണ്ട് ഈ ശാസ്ത്രത്തെ എല്ലാം നിഷേധിക്കും മഹാത്മാക്കളെല്ലാം നിഷേധിക്കും നിഷേധിക്കാൻ മാത്രമല്ല പറയുന്നത് വ്യത്ഥമാണ് കോടിക്കോടി ഗ്രന്ഥങ്ങൾ അധ്യയനം ചെയ്താലും അത് ബുദ്ധിയെ വിപുലമാക്കും അല്ലെങ്കിൽ അഭിമാനത്തെ ഉണ്ടാക്കും അതിനൊന്നും പ്രയോജനമല്ല എന്തുകൊണ്ട് അതെല്ലാം ബുദ്ധിയുടെ സാമർഥ്യമാണ് ബുദ്ധിയുടെ ഏകാഗ്രത കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെ ബ്രഹ്മത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം ബ്രഹ്മം കേവലം ബുദ്ധിയുടെ ഒരു വിഷയമായി സ്ഥിതി ചെയ്യും അങ്ങനെ ഒരറിവിൽ നിന്നുകൊണ്ടാണ് ബ്രഹ്മത്തെ സംബന്ധിച്ചുള്ള വളരെ ഏകാഗ്രമായ ഒരറിവിൽ നിന്നുകൊണ്ടാണ് ബ്രഹ്മത്തെ നമ്മൾ വ്യാഖ്യാനിക്കുന്നെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനം ശ്രുതി അതല്ല ചെയ്യുന്നു ഭാഷ്യകാരൻ അവിടെ അന്തർമുഖമാകേണ്ട ഭാഗമുണ്ട് എന്നുവെച്ചാൽ ബ്രഹ്മത്തെ തന്നെ വിസ്മരിച്ചിട്ടല്ല മനസ്സിലാവുന്നത് ബ്രഹ്മത്തെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ബുദ്ധി കൊണ്ട് അവിടെ തന്നെ വിസ്മരിക്കും ഏത് വിഷയ ഗ്രഹണത്തിലും സംഭവിക്കുന്നുണ്ട് ശബ്ദസ്പരശരൂപ രസഗന്ധങ്ങളെല്ലാം നമ്മൾ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുമ്പോൾ അവിടെ ആ ഗ്രഹണവേളയിൽ ആത്മവിസ്മരണം സംഭവിക്കും എത്രമാത്രം ഏകാഗ്രമായ വിഷയത്തെ ഗ്രഹിക്കുമോ അത്രമാത്രം തന്നെ വിസ്മരിക്കും അല്ലെ നല്ല മധുരം ആസ്വദിച്ചിരിക്കുമ്പോൾ അവിടെ തന്നെ വിസ്മരിക്കും മനസ്സെന്ന് പറയുന്ന ആ മധുരത്തിന്റെ ആസ്വാദനം ആസ്വാദനത്തിൽ നിന്ന് വരുന്ന ആനന്ദമാനൊക്കെയായിരിക്കും തനിക്കവിടെ യാതൊരു സ്ഥാനമുണ്ട് അതേ സംഭവിക്കുന്നു ത്മ വിസ്മരണത്തിലൂടെയുള്ള അറിവ് അതുകൊണ്ടെന്താ പ്രയോഗം അതിന് സാങ്കേതികമായി പറയുന്നതാണ് പരോക്ഷജ്ഞാനം അപ്പൊ പരോക്ഷമായി ഇതിന് പലതരത്തിലും അറിയാൻ പറ്റും അവിടെയാണ് മനനശ്രവണ ശ്രവണങ്ങളിലെല്ലാം വ്യർത്ഥത വരുന്നത് അവിടെയാണ് കേവലം പരോക്ഷതയിൽ മാത്രം മനസ്സേ പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ് വേദതു ആത്മാ എന്ന് പറയുന്നതാണ് അതിന്റെ അപരോക്ഷ അവിടെയാണ് അന്തർമുഖത കായി അതിനറിയണം എന്ന് പറയുന്നത് എങ്ങനെ ആത്മാവ ബ്രഹ്മ താൻ ബുദ്ധി കൊണ്ട് ഗ്രഹിച്ചിരിക്കുന്നത് അത് തന്നെയാണ് താൻ അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തെന്താണോ ഒന്ന് ശ്രവണമനനം എന്നിട്ട് നിധിധ്യാസനം ഒന്ന് വാച്യാർത്ഥം മറ്റൊന്ന് ലക്ഷ്യാർത്ഥം ശ്രവണമനനം അല്ലെങ്കിൽ വാച്യാർത്ഥം എന്ന് പറയുന്നിടത്ത് അതിനെല്ലാം പ്രാധാന്യം വരുന്നിടത്ത് അതിന്റെ പരോക്ഷമായി ഞാൻ നിധിധ്യാസനത്തിൽ അതിന്റെ ലക്ഷ്യാർത്ഥം അവിടെ എന്ത് വരുന്നു അപരോക്ഷത അവിടെ അന്തർമുക്ത എന്തുകൊണ്ട് താൻ ഏതൊരു ബ്രഹ്മത്തെയാണോ ഗ്രഹിച്ചത് സത്യമായും ജ്ഞാനമായും അനന്തമായും ഗ്രഹിച്ച ആ ബ്രഹ്മം അത് താൻ തന്നെയാണ് എന്ന് അതിൽ നിന്ന് അന്യമല്ല താ അതിനു വേണ്ടിയിട്ടാണ് ശ്രുതി സ്വസ്വരൂപം എന്നുള്ള അർത്ഥം വരുന്ന ആത്മശബ്ദത്തെ പ്രവിച്ചിരിക്കുന്നു ആത്മശബ്ദത്തിന് സർവത്ര സ്വരൂപം എന്നുള്ള അർത്ഥമാണ് പുസ്തകത്തിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ പുസ്തകത്തിന്റെ സ്വരൂപം മേശയുടെ ആത്മാവ് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്വരൂപം അതെന്താണെന്ന് നമുക്കറിയില്ല എന്താണ് അതിന്റെ വാസ്തവ സ്വരൂപം പുസ്തകത്തിന്റെ സ്വരൂപം എന്താണ് പ്രഥമദൃഷ്ട നമുക്ക് അനുഭവപ്പെടുന്നത് കടലാസാണ് മേശയുടെ സ്വരൂപം എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് തടിയാണ് അതിൻ്റെയും പിന്നിലേക്ക് പോവാം എന്താണ് അതിൻ്റെ സ്വരൂപം അന്വേഷിച്ചു കഴിഞ്ഞാൽ അതിന്റെ അംശങ്ങളാണ് അതിന്റെ അവയവങ്ങളാണ് സൂക്ഷ്മമായ അണുക്കളാണ് അല്ലെങ്കിൽ ആ കാരണമായിരിക്കുന്ന ശക്തിയാണ് ആ ശക്തിക്കും കാരണമായിരിക്കുന്ന പരമാർത്ഥ തത്വമാണ് ഇങ്ങനെ പിന്നിലേക്ക് പിന്നിലേക്ക് പോയി എൻ്റെ പരമാർത്ഥതയിലെത്തിച്ചേരാം അതാണ് അതിന്റെ പരമാർത്ഥസ്വരൂപം അതുപോലെ ഈ ബ്രഹ്മത്തെ അതിന് തന്റെ സ്വരൂപമായി പറയുന്നു മനനം ചെയ്യുന്നത് ആത്യന്തികമായി തന്നെ തന്നെയാണ് തന്നെ കുറിച്ചാണ് ഈ പറയുന്നത് എന്താണ് സത്യം ജ്ഞാനും അനന്തം ബ്രഹ്മം എന്ന് പറയുന്നത് അത് വിസ്മരിച്ചിട്ട് ബ്രഹ്മത്തെ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം കാലം എന്താണത് പുസ്തകജ്ഞാനം അല്ലെങ്കിൽ മസ്തകജ്ഞാനം എന്നെല്ലാം പറയും അതുകൊണ്ട് സ്വരൂപം എന്നുള്ള അർത്ഥത്തിലുള്ള ആത്മശബ്ദത്തെ പ്രയോഗിച്ചിരിക്കുന്നത് ഞാൻ ശബ്ദം തന്നെ ആത്മ എന്നുള്ള ശബ്ദം തന്നെ അതിൻ്റെ താല്പര്യം മനസ്സിലാക്കാതെ അന്തരവുമുഖമായി ഗ്രഹിക്കാതെ അതിനെ മനസ്സിലാക്കിയാണ് ഈ ദോഷം വരുന്നത് അതും ഇതുപോലെ ഒരു വിഷയമായിരിക്കും ബുദ്ധിയുടെ വിഷയമായിരിക്കും അതും കേവലം ബ്രഹ്മത്തിന്റെ പര്യായമായി നിൽക്കും ഇവിടെ ഉപയോഗിക്കുന്നത് ബ്രഹ്മത്തിന്റെ പര്യായമായിട്ടാണ് മനസ്സിൽ സുസ്വരൂപമായിട്ടാണ് അതിനുവേണ്ടും പറയുന്നു ഏവം ഏതം ആനന്ദമയം ആത്മാനം ഉപസംക്രാമതി ആനന്ദമയമായ സ്വസ്വരൂപത്തെ പ്രാപിക്കുന്നു അടുത്ത് ഇവിടെ പറയാൻ പോകുന്നു ആനന്ദമയമായ സ്വസ്വരൂപത്തെ പ്രാപിക്കുന്നു ആനന്ദമയമായ സ്വരൂപം എന്ന് പറയുമ്പോ ആനന്ദമാകുന്ന തന്റെ സ്വരൂപം അല്ലെങ്കിൽ ആനന്ദത്തിന്റെ സ്വരൂപം രണ്ടുതത്തിലും പറയും ആനന്ദമയം എന്ന് പറയുന്നത് എന്താണ് ആനന്ദമയ കോശം എന്ന് പറയുന്നത് ആനന്ദമയ കോശത്തിനും സ്വരൂപമായിരിക്കുന്നു ആനന്ദത്തിനും ഉറവിടമായിരിക്കുന്നത് എന്നും അതിനെ പ്രാപിക്കുന്നു അവിടെ എന്താണ് ആത്മാനം ഉപയോഗിച്ചിരിക്കുന്നത് ആനന്ദത്തെയും ആത്മാവിനെയും ബന്ധപ്പെടുത്തിയെന്നുകൊണ്ടാണ് പറയുന്നത് ആനന്ദ ശബ്ദത്തോടു കൂടി ചേർത്ത് ആത്മശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത് കാരണം ബ്രഹ്മത്തെക്കുറിച്ച് അത് സത്യമാണ് അല്ലെങ്കിൽ ബ്രഹ്മം എന്നുള്ള ശബ്ദത്തിൽ തന്നെ അത് ബൃഹത്താണ് എന്നെല്ലാം ധരിക്കുമ്പോൾ തൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല ബൃഹത്ത് മഹത്ത് അത് വലുതാണ് ബൃഹത്തായതും മഹത്തായതുമെല്ലാം നമുക്ക് ബാഹ്യമായിട്ട് അനുഭവപ്പെടുന്നു നമ്മളൊരു ആകാശം ബൃഹത്താണ് ഭൂമി ബൃഹത്താണ് എല്ലാം ബാഹ്യമായി അനുഭവപ്പെടുന്നതാണ് ആ ബൃഹത്ത് എന്നുള്ള ശബ്ദം അത് മഹത്വത്തെ ബോധിപ്പിക്കുന്നുണ്ടെങ്കിലും അത് ബഹുർമുഖമാകും ഇവിടെ അത് അന്തർമുഖമാകണം അതിനുവേണ്ടി ആത്മശബ്ദം പ്രയോഗിക്കുന്നു അത് ആനന്ദ ശബ്ദത്തോടു കൂടി ചേർത്ത് പ്രയോഗിക്കുന്നു ആനന്ദശബ്ദത്തോടു കൂടി ചേർത്ത് ആത്മശബ്ദത്തെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ അന്തർമുഖമായ ഗ്രഹണത്തിന് സൗകര്യം കൂടുതലാണ് എന്തുകൊണ്ട് ബൃഹത്തായതെല്ലാം നമ്മൾ പുറമെയാണ് അനുഭവിക്കുന്നത് ആനന്ദത്തെ നമ്മുടെ ഉള്ളിലാണ് അനുഭവിക്കുന്നത് ആനന്ദത്തെ അറിയണമെങ്കിൽ മനസ്സ് ഉള്ളിലേക്ക് തിരിയണം എന്നാലും ആനന്ദ ഉള്ളിനെ അനുഭവപ്പെടുത്തുന്നത് പുറമേ ഉള്ളതെല്ലാം ആനന്ദത്തിന്റെ കേവലം നിമിത്തങ്ങൾ മാത്രം അന്ന പാനാദികളെല്ലാം ആനന്ദം ഉള്ളിലാണ് അനുഭവിക്കുന്നത് ആനന്ദമായ സ്വരൂപം എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു എന്റെ മനസ്സിന് പേർമുഖമാകാൻ പറ്റത്തില്ല മനസ്സുള്ളിലേക്ക് എവിടെയാണോ ആനന്ദം വെളിപ്പെടുന്നത് ആരാണോ ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ആ രീതിയിൽ ചിന്തിക്കും അത് അന്തർമുഖമായി അത് ആത്മാനം ആ സ്വരൂപം സുസ്വരൂപം തന്നിൽ തന്നിലാണ് സംഭവിക്കുന്നത് ഈ ആനന്ദാനുഭവം പക്ഷെ ആനന്ദാനുഭവം തന്നിൽ തന്നെ വന്നു പോയിരിക്കുന്നു മാറിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ആനന്ദത്തിൻ്റെ ഈ സ്വരൂപത്തെ അന്വേഷിക്കേണ്ടി വരും എന്തായാലും വന്നു പോയിരിക്കുന്നത് താനാകാൻ കഴിയില്ല ഉണ്ടായി നശിക്കുന്നായാലും നശിച്ചാലും അവിടെ താനുണ്ട് അപ്പൊ ആനന്ദത്തിൻ്റെ സ്വരൂപം എന്ന് പറയുമ്പോൾ ആനന്ദത്തിലൂടെ സ്വസ്വരൂപത്തിന് അന്തർമുഖമാകുന്നു അതിനുവേണ്ടി അനന്തമയമായ ആത്മാനം അതിനെ പ്രാപിക്കുന്നു താൻ പ്രാപിക്കുന്നു എന്നാണ് അതന്റെ മനസ്സ് ൃഹത്തായ ബാഹ്യമായ സർവത്തെയും പ്രാപിച്ചിരിക്കുന്നത് പോലെ അതേ മനസ്സ് തന്നെ ഏകാഗ്രമായി അന്തർമുഖമായി ആനന്ദത്തിനും ആധാരമായിരിക്കുന്ന സുസ്വരൂപത്ത് പ്രാപിക്കുന്നു അതാനന്ദ സ്വരൂപം തന്നെ എന്നും പ്രയോഗിച്ചിരിക്കുന്നു അതുമാത്രമല്ല ഇവിടെ ശ്രുതിയിൽ ഇത് ഉറപ്പ് വരുത്തുന്നതന്നെ വേണ്ടി ബൃഹത്വം മഹത്വം ആയിരിക്കുന്ന അതാണ് തന്റെ സ്വരൂപമെങ്കിൽ ഈ ബൃഹത്വം മഹത്വമായിരിക്കുന്ന ഇത് ഈ ബ്രഹ്മം ഇതെങ്ങനെ പരിഛിന്നമായി ഇതെങ്ങനെ ഈ ശരീരം മനസ്സ് ുദ്ധി ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന ഈ കർണങ്ങൾ കൊണ്ട് പരിച്ഛന്നമായതെങ്ങനെ മഹത്വത്തിനെങ്ങനെയാണ് ഈ ന്യൂനത സംഭവിച്ചത് അതാരണ്ടാക്കി തീർത്തു ഇതിനെല്ലാം സമാനം പറയേണ്ടി വരും കാരണം വിരുദ്ധ കാര്യങ്ങളാണ് ഒന്ന് പറയുന്നു അത് മഹത്താണ് ഉടനെ പറയുന്നു എന്താണ് അത് നീയാണ് എന്നെ ഞാൻ ഒരിക്കലും മഹത്തായി അനുഭവപ്പെടുന്നില്ല എന്നെ ഞാൻ പരിച്ഛിന്നനായിട്ടാണ് അനുഭവപ്പെടുന്നത് അതല്ലേ പലരും ഇവനെ ചോദ്യം ചെയ്യുന്നത് രാഗദ്വേഷങ്ങളോടുകൂടിയിരിക്കുന്ന ഈ മനുഷ്യൻ ഇവനെ ദൈവമെന്ന് പറയുന്നു അദ്വൈതം ബ്രഹ്മം എന്ന് പറയുന്നത് അത് അസഹനീയ ദ്വൈതികൾക്കും പറ്റും ദ്വൈതവിചാരം ചെയ്യുന്നവർക്ക് സഹിക്കാൻ കഴിയും കാരണം അതിനൊരു യുക്തിയില്ല ഏറ്റവും ശ്രേഷ്ഠവും മഹത്വമായിരിക്കുന്ന ഒന്നിന് ഏറ്റവും മലിനവും അധവവുമായിരിക്കുന്ന മറ്റൊന്നായി പറയും മഹത്വം ശ്രേഷ്ഠതയൊക്കെ നമ്മൾ ഭാവന ചെയ്യുന്നതാണ് അനുഭവന്റെ ബ്രഹ്മത്തെക്കുറിച്ചുള്ള ഭാവനകൾ മറിച്ച് മറ്റത് അനുഭവമാണ് തന്റെ അൽപജ്ഞത തന്റെ അധമത്വം തന്റെ മാലിന്യങ്ങളെല്ലാം ഓരോ ജീവന സ്വയം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മഹത്വം ആണ് തന്നിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ദ്വൈത ചിന്താഗതികളെല്ലാം അതിന് ശ്രുതി എന്താണ് പറയുന്നത് തദ്സൃ തദ്വ അനുപ്രാവശ്യം ശ്രുതി പറയുന്നത് അതിൽ ദോഷം എന്തുകൊണ്ട് സർവവ്യാപകമായിരിക്കുന്ന സർവജ്ഞനും സർവ്വശക്തനുമായിരിക്കുന്ന ആ ബ്രഹ്മം അത് ഇതിനെയെല്ലാം സൃഷ്ടിച്ചിട്ട് അതിൽ പ്രവേശിച്ചിരിക്കുന്നു അതിന് ഇതെല്ലാം ആയിരിക്കാൻ കഴിയും ഉത്തമവും മധ്യമവും അധവും ഒക്കെ ആയിരിക്കാൻ അതിന് കഴിയും തന്റെ അല്പജ്ഞനായിരിക്കുന്ന തന്റെ നിലയിൽ നിന്നും നോക്കുമ്പോഴാണ് ഇതിലൊരു പൊരുത്തക്കേട് വരുന്നത് മഹത്വം പരിച്ഛിന്നവും തമ്മിൽ യോജിപ്പിക്കാൻ കഴിയുന്നില്ല പക്ഷെ സർവജ്ഞന്റെ നിലയിൽ അത്തരം വൈരുദ്ധ്യങ്ങളൊന്നുമില്ല അവിടെ മഹത്വം പരിച്ഛിന്ന ഒരുപോലാണ് അതിനുവേണ്ടിയിട്ടാണ് പറയുന്നത് തസൃഷ്ട ആ പരമാത്മാവ് എന്ത് ചെയ്തു സർവത്തെ സൃഷ്ടിച്ചു സ്വമായശക്തി കൊണ്ട് ഈ നാനാ യുവനികളെ സൃഷ്ടിച്ചു ചരാചരങ്ങളെ സൃഷ്ടിച്ചു എന്നിട്ട് എന്ത് ചെയ്തു തദൈവ അനുപ്രാവശ്യ അതിലേക്ക് തന്നെ പ്രവേശിച്ചു ദുരതാരണ്യത്തിൽ അതിനെക്കുറിച്ചൊരു നീണ്ട ചർച്ച വരുന്നു നമ്മുടെ ഭാഷകാലം പറയും പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ എന്താ ഏകമായിരിക്കുന്ന പരമാത്മതത്വം എങ്ങനെ പ്രവേശിക്കുന്നു അതെങ്ങനെ കഴിയും അതിനൊരുദാഹരണം പറയുന്നു ഭക്ഷ്യക്കാരന്റെ പ്രസിദ്ധമായ ഉദാഹരണം പാത്രം ഉണ്ടാക്കി പാത്രം ഉണ്ടാക്കിയത് കുലാലനാണ് പാത്രത്തെ ഉണ്ടാക്കുന്നവനാണ് പക്ഷെ പാത്രം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു പാത്രത്തിൻ്റെ ഉള്ളിൽ ആകാശം പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കുന്നു അത് മനസ്സിലാക്കിയാണ് മുമ്പില്ലാതിരുന്ന ഒരാകാശം പാത്രത്തിന്റെ പുറത്ത് പാത്രത്തിൻറെ ഉള്ളിലേക്ക് കടന്നു വന്നു എന്നാണോ അല്ല പക്ഷെ അവിടെ പാത്രത്തിനുള്ളിൽ ആകാശം പ്രവേശിച്ചു എന്ന് പറയും അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മറ്റുള്ളതൊക്കെ ബാഹ്യ ആകാശം ആ പാത്രത്തിനുള്ളിലുള്ളത് പാത്രത്തിലെ ആകാശം അങ്ങനെ നമ്മളൊരു വേർതിരികും പാത്രത്തിലൂടെ ഉണ്ടാക്കുന്നു സൃഷ്ടിയിലൂടെ ഒരു വേർതിരിവുണ്ടായി സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ആ വേർതിരിവ് അതിനുടനുപ്രവേശനം എന്ന് പറയുന്നത് അതുകൊണ്ട് ഇത് സംഭവിക്കാം സർവജ്ഞനും സർവശക്തനും ആയിരിക്കുന്ന ആ ഈശ്വരൻ തന്നെ ഈ ശരീരത്തിൽ പരിച്ഛിന്നനായി മഹാകാശം തന്നെ ഘടാകാശമായി മാറി പ്രത്യേകിച്ച് മാറ്റം സംഭവിച്ചല്ല ഒരു വ്യവഹാരം സംഭവിക്കും അങ്ങനെ ഒരു ചിന്തയും അങ്ങനെ ഒരു വാക്കും എല്ലാം നമുക്ക് പ്രയോഗിക്കേണ്ടി വരും അവിടെ മൃത്ത് വേറെയാണ് ആകാശം വേറെയാണ് സൃഷ്ടാവ് വേറൊരു ജീവനാണ് ഇവിടെ അങ്ങനെയുണ്ടെ സൃഷ്ടിയും സ്രഷ്ടാവും സൃഷ്ടിജാലവും എല്ലാമായി മാറി ഒരാൾ തന്നെ മാറും അതാണ് അനുപ്രാവശ്യം അനുപ്രവേശനം എന്ന് പറഞ്ഞിരിക്കുന്നു അതിൽ നിന്നത് വ്യക്തമാണ് എന്താണ് സൃഷ്ടാവ് തന്നെയാണ് സൃഷ്ടിയിൽ പ്രവേശിച്ചിരിക്കുന്നതെങ്കിൽ ആ മഹത്തായിരിക്കുന്ന ബ്രഹ്മം തന്നെയാണ് നിന്റെ സ്വരൂപം ഈ തത്വത്തെ മനസ്സിലാക്കുന്നതിന് യാതൊരു പ്രയോജനവും യാതൊരു പ്രയോജനവും ഇല്ല ബുദ്ധിമുട്ടുമില്ല പക്ഷെ ഈ തത്വത്തെ അദ്വൈതമെന്ന് വിളിക്കുന്നിടത്താണ് തർക്കം അദ്വൈതമെന്നുള്ള പേരുപയോഗിക്കുന്നിടത്താണ് മറ്റുള്ളവർ ചാടി വീഴുന്നത് അതെന്താ അദ്വൈതം ഈ തത്വത്തിനെന്താ ദോഷം ഒരു ദോഷമല്ലോ ആകാശം തന്നെ പാത്രത്തിനുള്ളിൽ വരിക്കുന്നത് പുറത്തു അത് തരണം മഹത്തായ ബ്രഹ്മം തന്നെയാണ് സൃഷ്ടിയിൽ സർവത്രം നിറഞ്ഞു നിർത്തുന്നത് പ്രവേശിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ വാസ്തവത്തിലെന്താണ് ആ സൃഷ്ടിക്ക് ആധാരമായി എന്നേ അതിനർത്ഥമുള്ളൂ അത് സ്വാഭാവികം അങ്ങനെയാണല്ലോ ഒരാൾ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ആ സൃഷ്ടിക്ക് ആധാരം ആ സൃഷ്ടി കടത്താതെ തന്നെ മറ്റൊരാൾ വരാൻ വഴിയില്ല അതുപോലെ പ്രപഞ്ച സൃഷ്ടാവ് സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ആ സൃഷ്ടിക്ക് ആധാരമായി ആ സൃഷ്ടാവ് തന്നെ അതിനാണ് അനുപ്രവേശനം എന്ന് പറയുന്നത് സൃഷ്ടാവ് സൃഷ്ടിക്ക് ആധാരമായി കഴിഞ്ഞാൽ അതെവിടെ നിൽക്കുന്നു സൃഷ്ടിയും നിലനിൽക്കും ഈ ശരീരം മനസ്സ് ബുദ്ധി ഇതെല്ലാം സൃഷ്ടി ഇതിൽ നിലനിൽക്കുന്നു അതെങ്ങനെ ഇതിനെല്ലാം ആധാരമായി നിൽക്കുന്നു അതാണ് ആ ബ്രഹ്മമാണ് ആത്മാവ് ബ്രഹ്മമാണ് സ്വരൂപം എന്ന് പറയുന്നത് സൃഷ്ടിയുടെ സ്വരൂപം സൃഷ്ടിയുടെ സ്വരൂപം എന്ന് പറയുമ്പോൾ ബാഹ്യമായി കാണുന്ന ഈ സ്ഥൂല ശരീരം അതിൽ വരുന്ന സ്ഥൂലവും സൂക്ഷ്മവുമായി വരുന്ന ഇന്ദ്രിയങ്ങൾ മനസ് ബുദ്ധി ഇതിന്റെ എല്ലാ സ്വരൂപമായിരിക്കുന്നത് അങ്ങനെന്തുകൊണ്ടാണ് സ്വരൂപം എന്ന് പറയുന്നത് അതിനെ ആശ്രയിച്ചാണ് ഇതെല്ലാം നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് അതിന് സ്വരൂപം എന്ന് പറയുന്നത് ഏതൊന്നാണോ ഇതിൽ പ്രവേശിച്ചിരിക്കുന്നത് അതിനെ ആശ്രയിച്ചത് നിലനിൽക്കുന്നു സാധാരണ ഒന്നിൽ മറ്റൊന്ന് പ്രവേശിച്ചു എന്ന് പറയുന്ന പോലെ മറ്റൊടുത്ത് അങ്ങനെ വരും കിളി കൂട്ടിലേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളെന്താ കാണുന്നു കൂട്ടിനെ ആശ്രയിച്ച് കിളിയിരിക്കുന്നു കൂടിനെ ആശ്രയിച്ചു അല്ല കിളിയെ ആശ്രയിച്ചു കൂടല്ല ഇവിടെ അങ്ങനെയല്ല ഈ കൂട്ടിലേക്ക് കിളി പ്രവേശിച്ചു കഴിഞ്ഞപ്പോ ആ കിളിയെ ആശ്രയിച്ചു കൂടുകയാണ് വ്യത്യാസം ഈ ശരീരത്തിന് ആധാരമായി ശരീരത്തിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതുകൊണ്ടെന്തായി ഈ ശരീരത്തിന്റെ മനസ്സിന്റെ ബുദ്ധിയുടെ കർണങ്ങളുടെ എല്ലാം വാസ്തവ സ്വരൂപമായി അതിന്റെ ആധാരമായി അതിനെ നിലനിർത്തുന്നതായി ആ പരമാത്മതം ഇതിന് യാതൊരു വ്യക്തിഭംഗമില്ല ഇതിന് ജീവാത്മ പരമാത്മ ഏകത്വം എന്നൊക്കെ പറയുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത് അതങ്ങനെ സംഭവിക്കും ജഗത്കർണനായിരിക്കുന്ന ഈശ്വരൻ അത് താനെങ്ങനെയാകും അത് നമ്മൾ ചിന്തിക്കുന്നതിന് വരുത്തുന്ന വൈരുദ്ധ്യമാണ് തത്വത്തിൽ വരുന്ന വൈരുദ്ധ്യമല്ല പലരും പറയും സ്വാമി അദ്വൈതം പറയാതെ കുറിച്ച് ദ്വൈതം പറയും അങ്ങനെ പറയാറുണ്ട് എന്തുകൊണ്ടങ്ങനെ പറയുന്നത് ഒന്നിനെ നമ്മൾ അദ്വൈതമാണെന്നും വേറെ അദ്വൈതമാണെന്നും ഒക്കെ ധരിച്ചിരിക്കുന്നു നമ്മളെ ധാരണ പെസുകൊണ്ടാണ് അദ്വൈതം ദ്വൈതം അങ്ങനെ രണ്ട് തത്വങ്ങളൊന്നുമില്ല തത്വം ഒന്നേ ഉള്ളൂ ആ തത്വത്തെയാണ് ഇവിടെ പറയുന്നത് ആ തത്വത്തെ സ്വീകരിക്കുന്നതിന് യാതൊരു പ്രയാസമുണ്ട് ഒരുപിടി മണ്ണ് കൊണ്ട് ആയിരം പാത്രങ്ങൾ ഉണ്ടാക്കിയാലും ആയിരം പാത്രങ്ങളിലും ആ ഒരുപടി മണ്ണ് തന്നെ അതിന്റെ എല്ലാ സ്വരൂപവും മണ്ണ് തന്നെ മാറ്റാൻ വരുന്നല്ലോ ആ തത്വത്തെ ഗ്രഹിക്കുന്നതിന് ഒരു പ്രയാസമുണ്ട് പക്ഷെ അത് ദ്വൈതമാണോ അദ്വൈതമാണോ എന്ന് ചിന്തിക്കാൻ പോയാൽ അവിടെ വൈഷമ്യം വരും തത്വഗ്രഹണത്തിലാണെങ്കിൽ വൈഷമ്യമില്ല അതുകൊണ്ട് ആ ഒരു ഉദാഹരണത്തിൽ എടുത്തിരിക്കുന്നു അനുപ്രവേശനം അതിനെ കൂടി പറയുന്നു ആ ഏകത്വത്തെ ബോധ്യപ്പെടുത്തുന്ന ഏകത്വം എന്ന് പറയുന്നത് പോലും അസംബന്ധം എന്തുകൊണ്ട് രണ്ട് ഉണ്ട് എന്ന് നമ്മൾ ധരിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഏകത്വം എന്ന് പറയേണ്ടി വരുന്നത് ദ്വൈതം ഉണ്ടെന്ന് ധരിച്ചിരിക്കുന്നതുകൊണ്ടാണ് അദ്വൈതമെന്ന് പറയേണ്ടി വരുന്നത് അങ്ങനെയൊന്നും സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ ഏകമൊന്നോ അദ്വൈതമൊന്നോ പറയേണ്ട ആവശ്യമില്ല അതിന് യാതൊരു പ്രസക്തിയും അങ്ങനെയൊന്നും പറയാൻ കഴിയാത്ത തത്വം അതാണ് ശേഷിക്കുന്നത് അതാണ് സ്വരൂപമായിരിക്കുന്ന ഓരോ ജീവന്റെയും അതാണ് തസ്സീവ ജീവരൂപേണ ശരീരപ്രവേശം ആ പരമാത്മാവിന്റെ തന്നെ ശരീരപ്രവേശം എങ്ങനെ ജീവരൂപത്തിൽ അവിടെ ശരീരപ്രവേശം അതിനെ ശ്രുതിബോധിപ്പിക്കുന്നു അതോ വേദിതു സ്വരൂപം ബ്രഹ്മം അതുകൊണ്ടാണ് ഇവിടെ പറയുന്ന എന്താണോ ഈ ബ്രഹ്മം വേദിതാവിന്റെ സ്വരൂപമാണ് അറിയുന്നവന്റെ സ്വരൂപമാണ് അറിയുന്നവൻ അന്തർമോഹമായി ഗ്രഹിക്കേണ്ടതാണ് എന്നുകൂടി പറഞ്ഞുകഴിഞ്ഞാലും ഇവിടെ അദ്ദേഹം പൂർണ്ണമാകത്തുള്ളൂ അല്ലാതെ മറിച്ച് സത്യജ്ഞാനമനന്തം ബ്രഹ്മ എന്ന് പറഞ്ഞു നിർത്തി കഴിഞ്ഞാൽ അവിടെ അത് സ്വരൂപജ്ഞാനത്തിനെത്തിച്ചേർക്കുന്നു അപ്പൊ അത് തന്ന മറന്നിട്ടുള്ള ചിന്തയായിപ്പോ തന്റെ സ്വരൂപത്തെ വിട്ടിട്ട് ബ്രഹ്മത്തെ വിഷയമാക്കി ചിന്തിക്കുന്ന ഒരു പ്രക്രിയയാവും അതല്ല ശ്രുതി പറയുന്നത് വേദിത സ്വരൂപം ബ്രഹ്മ വേദിതാവിന്റെ സ്വരൂപമായ ബ്രഹ്മത്തെക്കുറിച്ച് പറയണം അതായത് ബ്രഹ്മ ബ്രഹ്മ തത്വത്തെക്കുറിച്ച് പറഞ്ഞു മറ്റ് വിശേഷങ്ങളിലൂടെ സത്യജ്ഞാനാനന്ദ എന്ന് പറയുന്ന വിശേഷങ്ങളിലൂടെ അതിനെ നിഷ്കർഷിച്ചു എന്ന് ഞാൻ അതിനെ കൃത്യതയോടെ പറഞ്ഞു അതിന്നതാണോ അതിനെ സംബന്ധിച്ചുള്ള എല്ലാ ഭ്രാന്തികളെയും നിരാകരിച്ചുകൊണ്ട് അതിനെ സംബന്ധിച്ചു വരുന്ന ഭ്രാന്തികളാണ് ഇത് ദ്വൈതം അദ്വൈതം വിചിഷ്ടാദ്വൈതം ഇങ്ങനെയെല്ലാം പറയുന്ന ഇതെല്ലാം എന്താണ് തത്വത്തിലുള്ള ഭ്രാന്തികളാണ് കേവല ആശയങ്ങളാണ് എല്ലാ ആശയങ്ങളും ഭ്രാന്തമാണ് അപ്പൊ അതിനെ നിരാകരിച്ചിട്ട് എന്ത് ബോധിപ്പിച്ചു ആ തത്വം അത് നിന്റെ സ്വരൂപമാണ് എന്ന് ബോധിപ്പിക്കുന്നു ശ്രോതാവിന്റെ സ്വരൂപമാണ് ഇവിടെ തത്വത്തിന്റെ പ്രതിപാദനം പൂർണ്ണമാകത്തുള്ളൂ അങ്ങനെ തത്വത്തെ ബോധിപ്പിച്ചു കഴിഞ്ഞാലും ഒരു ജീവന്റെ പ്രദക്ഷിണ അനുഭവമായിട്ടത് ശ്രവണത്തിൽ ബോധ്യപ്പെടുന്നില്ല ശ്രവിക്കുന്നുണ്ട് പക്ഷേ ആ തത്വത്തിനും ശ്രോതാവിനും തമ്മിൽ ഇടയ്ക്കൊരു മറ അതങ്ങോട്ട് മാറുന്നില്ല അവിടെ ആ പ്രശ്നം അതുകൊണ്ടാണ് ചോദ്യം വരുന്നത് യവന്തർ ഹി ആത്മത്വ ജ്ഞാന കർതൃത്വം ആത്മാതേരി പ്രസിദ്ധം ഇത്തരത്തിൽ നമ്മളെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ ശ്രോതാവിനെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ ശ്രോതാവ് എന്തായിരിക്കും ധരിക്കുന്നത് സാധാരണ ഒരുവനോട് പറയുകയാണ് നീ ബ്രഹ്മമാണ് തത്വസീ എന്ന് പറഞ്ഞാൽ അവനെന്ത്ഗ്രഹിക്കും തന്നെ കുറിച്ചവൻ നേരത്തെ തന്നെ ധരിച്ചു വെച്ചിട്ടുണ്ട് എന്നാ താനിന്നാരാണ് പിന്നെ അതിലവൻ ഒന്നുകൂടി കൂട്ടിച്ചേർക്കത്തേ ഉള്ളൂ ഇത്തരത്തിലുള്ള ഞാൻ ബ്രഹ്മമാണ് ഏതുപോലെ രാമനോ കൃഷ്ണനോ ആണ് അയാളെ ബോധിപ്പിക്കേണ്ടത് നീ രാജാവാണ് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് എങ്ങനെ ധരിക്കും ആ രാമനായിരിക്കുന്ന ഞാൻ രാജാവാണ് കൃഷ്ണനായിരിക്കുന്ന ഞാൻ രാജാവാണ് കേശവനായിരിക്കുന്നത് ഞാൻ രാജാവാണ് അപ്പൊ എന്താണോ അതുവരെ തന്നെ കുറിച്ച് ധരിച്ചിരിക്കുന്നത് അതിനോടൊന്നുകൂടി കൂട്ടിച്ചേർക്കും ആ രാജത്വം ഇതാ സംഭവിക്കുന്നത് അത് വ്യർത്ഥത അഭിമാനം മാത്രം അപ്പൊ ദത്തു മസിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ ആരാണെന്ന് നേരത്തെ തന്നെ ധരിച്ചിരിക്കുന്നുണ്ട് ഇന്നവരുടെ മകനാണോ അല്ലെങ്കിൽ ഇന്നാരുടെ മകളാണോ ഇങ്ങനെ തന്നെ കുറിച്ച് ധരിച്ചിരിക്കുന്നുണ്ട് ഇന്നടത്ത് ജനിച്ചു ഇത്ര വയസ്സായി പിന്നെ ഗുണങ്ങളുണ്ട് ഇന്ന ദോഷങ്ങളുണ്ട് ഇത്തരത്തിലെല്ലാം തന്നെ കുറിച്ച് ധരിച്ചിരിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഈ ഞാൻ ബ്രഹ്മമാണെന്ന് ധരിക്കും പക്ഷെ അങ്ങനെയുള്ള ധാരണയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എന്താണ് ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നത് അപരിച്ഛിന്നമാണ് താനോ ജനിക്കുകയും മരിക്കുകയോ ചെയ്യുന്ന താനോ പരിച്ഛിന്നാണ് അപ്പൊ അപരിച്ഛിന്നമായിരിക്കുന്ന ആ തത്വമാണ് പരിച്ഛിന്നനായ താനെന്ന് ഗ്രഹിക്കാൻ കഴിയാത്തത് കൊണ്ട് ചിന്തിക്കുന്നവർക്ക് അല്ലാത്തവർ അങ്ങനെയല്ല അങ്ങനെ ഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഒരാളോട് തത്വം മസീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അവൻ ഗ്രഹിക്കും ഞാൻ ആത്മാവാണ് ഞാൻ ബ്രഹ്മമാണ് എവിടെ അവൻ ഗ്രഹിക്കുന്നത് ഈ ശരീര മനസ്സ് ബുദ്ധികളിലെല്ലാം ഇതെല്ലാം കൂടിച്ചേർന്നിരിക്കുന്ന ഈ സംഘാതത്തിൽ അവന് ആത്മത്വ ബോധം വരും അപ്പൊ ഈ ഞാൻ മോശക്കാരനല്ല ഞാൻ പരബ്രഹ്മമാണ് നിഷലമായ അഭിമാനം മാത്രം അവിടെ ശേഷിക്കും കുറച്ചുകൂടി ചിന്തിക്കുന്നവനാണെങ്കിലോ അതാകാൻ വഴിയില്ല കാരണം ഇവിടെ പറയുന്ന ബ്രഹ്മം മഹത്താണ് ഞാനതല്ല അപ്പൊ പിന്നെ തന്നെ മഹത്വപ്പെടുത്തുന്നത് എന്താണോ കുറച്ചുകൂടി ചിന്തിക്കും അതാണ് താൻ വിസ്തൂലമായിരിക്കുന്ന പരിച്ഛിന്നമായിരിക്കുന്ന സർവത്തെയും നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്നു ഇതിനെയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ ജ്ഞാനം ആ ജ്ഞാനത്തോടു കൂടിയിരിക്കുന്ന ജ്ഞാൻ ആ എന്നെയാണ് ബ്രഹ്മെന്ന് പറയുന്നത് ജ്ഞാനിയായിരിക്കുന്ന ഞാൻ പറയുന്നത് അതേ അവിനെ ബോധ്യപ്പെടുത്തുള്ളൂ അറിയുന്ന ഞാൻ കേൾക്കുന്ന ഞാൻ പറയുന്ന ഞാൻ മുണക്കുന്ന ഞാൻ രുചിക്കുന്ന ഞാൻ ഇതാണ് തന്നിൽ വരുന്ന ജ്ഞാന കർത്തൃത്വം ഇത് ഇതാണ് ബ്രഹ്മം എന്നാണോ ജ്ഞാനകർത്തൃത്വം ആത്മാവായിരിക്കുന്നവനായിരിക്കുന്ന ഞാൻ അതാണോ ബ്രഹ്മം ഇതാണല്ലോ ഇതിഹി പ്രസിദ്ധം സർവ്വജീവന്മാർക്ക് ഇതാണ് അനുഭവത്തിലുള്ളത് അല്ലാതെ ആരും തന്നെ നീ ബ്രഹ്മം എന്ന് പറയുമ്പോ ഇതിനെല്ലാം നിഷേധിച്ചിട്ട് ഇതിനപ്പുറമുള്ള ബ്രഹ്മത്തെ ധരിക്കുന്നൊന്നുമില്ല തനിപ്പോ ഞാനി എന്ന് തന്നെ കുറിച്ച് ധരിച്ചാലും ജനിക്കുകയും മരിക്കുകയും ജീവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ ശരീരത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്ന് അതിനെ ജ്ഞാനി എന്ന് ധരിക്കുകയാണ് ചെയ്യുന്നത് സാധാരണഗതി തത്വജ്ഞാനിയുടെ കാര്യമല്ല പറയുന്നു അച്ഛൻ അങ്ങനെ ധരിക്കും ജ്ഞാനകടത്തൃത്വം ആത്മാ ഈ ജ്ഞാനത്തെ നിരന്തരം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ആത്മാവ് െത്താനെന്ന് ധരിക്കുക അറിയുന്നവനെ താനും ധരിക്കുക അബദ്ധമാണ് ഇത്രയും ധരിക്കാൻ കഴിയും ശ്രുതി അതിനെയും നിഷേധിക്കുകയാണ് ഈ അറിയുന്നവൻ ജീവനാണ് കാമിക്കുന്നവൻ ജീവനാണ് അതിനും ആധാരമായിരിക്കുന്നു അതാണ് ഇവിടെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് അപ്പോ സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് സൂക്ഷ്മത്തിൽ നിന്ന് കരണത്തിലേക്ക് കാരണത്തിൽ നിന്ന് പരമകാരണത്തിലേക്ക് അങ്ങനെ ശ്രുതി ആ ജീവനെ നയിച്ചുകൊണ്ട് പോവുകയാണ് പ്രസിദ്ധം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം സർവരും അറിയുന്നത് സർവരും അറിയുന്ന ഒരു കാര്യത്തെ ശ്രുതി വിശേഷിച്ച് ബോധിപ്പിച്ചിട്ടും പ്രയോജനമുണ്ടോ ശ്രുതി എപ്പോഴും ബോധിപ്പിക്കുന്ന അപൂർവതയാണ് എന്താണിതിൽ അപൂർവമായിട്ടുള്ളത് അപ്പൊ ഞാത്താവ് എന്ന് പറയുന്ന അപൂർവമല്ല അത് പ്രസിദ്ധമാണ് ഞാനും നീയും മറ്റുള്ളവരും ഒക്കെ അറിയണിത് ഞാൻ അറിയുന്നവനാണ് നീ അറിയുന്നവനായ ഞാനിത് ബ്രഹ്മം അങ്ങനെ ശ്രുതി ബോധിപ്പിക്കത്തില്ല ഞാന കർത്തൃത്വമുള്ള ആത്മാവിനെ ബ്രഹ്മമായി ശ്രുതി ബോധിപ്പിക്കുന്നില്ല പക്ഷേ ശ്രുതി സത്തു മസി എന്ന് പറയുമ്പോൾ താൻ ബോധിക്കുന്നത് അതിനെയിരിക്കും ആദ്യം അങ്ങനെയല്ലേ ധരിക്കൂ എന്നാണ് ഇവിടെ പ്രശ്നിച്ചു ചോദിക്കുന്നത് അങ്ങനെയല്ലേ ഇതിനപ്പുറം എന്ത് ധരിക്കാനോ ബ്രഹ്മാനുഭവത്തെ പറയും ബ്രഹ്മാനുഭവത്തെ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ആഗ്രഹത്തിലൂടെ അനുഭവത്തിൽ എത്തിച്ചേർന്നാൽ അങ്ങേറ്റം എത്തിച്ചേരാമെന്നുള്ള ഇവിടെയാണ് എന്താണ് ആത്മാജ്ഞാത ഞാൻ അറിയുന്നവൻ ഇതിനപ്പുറം എത്തിച്ചേരാൻ കഴിയത്തില്ല ഇതാണ് ഭൂർവക്ഷിയുടെ പരാതി സ്വകാമയത്തെത്തിച്ച കാമിനോ ഞാനോ കർത്തൃത്വ പ്രസിദ്ധി സ്വകാമയത്ത് അവൻ കാമിച്ചു സൃഷ്ടിക്ക് വേണ്ടി അവൻ കാമിച്ചു അല്ലെങ്കിൽ ഈ ജീവൻ ഉള്ളിലിരുന്ന് സദാ കാമിച്ചുകൊണ്ടിരിക്കുകയില്ലേ പലതിനും കാമിക്കുന്നവനാണ് ഞാൻ അതുകൊണ്ട് കാമിനഹ ജ്ഞാനകർത്തൃത്വം കാമിയിൽ പ്രസിദ്ധമായിരിക്കുന്നു അപ്പൊ ഇവിടെ ബ്രഹ്മം ബ്രഹ്മത്തിൽ ഇങ്ങനെ എത്തിച്ചേരുന്നു അങ്ങെത്തിച്ചേരുന്നത് കാമിയായ തന്നൽ അല്ലെങ്കിൽ ജ്ഞാതാവായിരിക്കുന്ന തന്നൽ അതിനപ്പുറം എത്താൻ കഴിയത്തില്ല അതാണ് ജ്ഞാനകർത്തൃത്വപ്രസിദ്ധി ജ്ഞാത എന്ന് പറയുന്ന പ്രസിദ്ധി അവനവന്റെ അനുഭവത്തിൽ ഇന്നലെ ചിന്തിക്കാൻ പറ്റും അതിനപ്പുറം പോയി എങ്ങനെയാണ് ചിന്തിക്കുന്നത് ചിന്ത കേവലം മനസ്സിന്റെ കളിയല്ലേ ഈ മനസ്സല്ലേ അനുഭവം അപ്പോൾ അതിനെ ആശ്രയിച്ചല്ലേ ചിന്തിക്കാൻ പറ്റും അപ്പോൾ ആ പരമാത്മ വസ്തുവാണ് ഇതിന്റെ സ്വരൂപം എന്ന് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ ആദ്യ സ്വരൂപം ഒന്നും ധരിക്കും ഞാനാരെന്നും ധരിക്കില്ല ഞാനെന്താണ് ജ്ഞാതാവാണ് അല്ലെങ്കിൽ ഞാൻ കർത്താവാണ് ഞാൻ അറിയുന്നവനാണ് അല്ലെങ്കിൽ ചെയ്യുന്നവനാണ് ഇതിനപ്പുറം തന്നെ ബ്രഹ്മമായി ധരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥമുള്ളത് അതിങ്ങനെ ധരിക്കാൻ കഴിയും അതാണ് ചോദ്യത്തിന്റെ താല്പര്യം ശ്രോതാവിന്റെ അജ്ഞതയെ അംഗീകരിച്ചുകൊണ്ടുകൂടെ ചർച്ച ചെയ്യുന്നു അങ്ങനെ ആയാലും അങ്ങനെ ഒരു പരിമിതി തനിക്കുണ്ടെങ്കിലും എന്താണ് തന്നെ ജാതാവായും കർത്താവായും മാത്രമേ അറിയാൻ കഴിയുന്നുള്ളൂ അങ്ങനെ ഒരു പരിമിതി ഉണ്ടെങ്കിലും അതിനപ്പുറമുള്ള സ്വസ്വരൂപത്തെ സ്വസ്വരൂപമായി ആ തത്വത്തെ സാക്ഷാത്കരിക്കാം എന്നാണ് ഇടത്ത് പറഞ്ഞു വരുന്നത് അതോ ജ്ഞാനകടത്തൃത്വ ഞപ്തി ബ്രഹ്മേത്യുക്തം ബ്രഹ്മേത്തി അയുക്തം അനിത്യത്വ പ്രസംഗാ അതുകൊണ്ട് ഇതുവരെ പറഞ്ഞ ദോഷങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് പറയുകയാണ് ജ്ഞാനകടത്തൃത്വ ഞാൻ അറിയുന്നവനായിരിക്കുന്നു ഞാൻ ജാതാവായിരിക്കുന്നു ജാതാവെന്ന് പറഞ്ഞാൽ അറിയുന്നവൻ ഞാത്താവായിരിക്കാന്ന് അറിയുന്നവനായിരിക്കുക ഞാൻ അറിവിലെ സൃഷ്ടിക്കുന്നു ഞാൻ അറിവിൽ നിലനിൽക്കുകയല്ല ചെയ്യുന്നു ഞാൻ അറിവിലെ സൃഷ്ടിക്കുന്നു ഞാൻ പറഞ്ഞി ബ്രഹ്മ അതുകൊണ്ടെന്താണ് ആ കേവല ചിസ്വരൂപം അതാണ് ബ്രഹ്മം എന്ന് പറയുന്നത് അയുക്തം അതയുക്തമാണ് എന്തുകൊണ്ട് അനിത്യത്വ പ്രസംഗാസ ഇതിൽ അനിത്യത്വം വരും കർത്തൃത്വം ഉള്ളിടത്ത് നാശം വരും നാശം അത് തന്നെ അനിത്യത്വം അപ്പോൾ ഈ വിചാരത്തിന് ശേഷം അനിത്യത്വത്തിലാണോ എത്തിച്ചേരുന്നത് ഞാതൃത്വത്തിലൂടെ ജ്ഞാന കർത്തൃത്വത്തിലൂടെ അനിത്യത്വത്തിൽ ചേർന്നു കഴിഞ്ഞാൽ സ്വസ്വരൂപം വനിത്യവണ്ണം ധരിച്ചു കഴിഞ്ഞാൽ അവിടെ മനസ്സിന്റെ ഏകാഗ്രത കൊണ്ടും അന്തർമുഖത്തുകൊണ്ടും മറ്റും എന്താ പ്രയോജനം പ്രയോജനമില്ലായെന്നർത്ഥം അപ്പോൾ ഇവിടെ തത്വത്തെ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തത്വശ്രവണത്തിൽ തത്വമനത്തിൽ ഇതിഹാസനത്തിൽ ആ വ്യക്തിക്ക് തത്വസാക്ഷാത്കാരത്തിന് എന്തെല്ലാം എങ്ങനെയെല്ലാം തടസ്സങ്ങൾ വരുന്നു അതാണ് ചർച്ച ചെയ്യുന്നതിന്റെ താൽപ്പര്യം ശ്രവണം ഏതെല്ലാം തരത്തിലുള്ള വിപരീതജ്ഞാനങ്ങളെയാണ് ഉണ്ടാക്കുന്നതാണ് ആദ്യം ചർച്ച ചെയ്യുന്നത് ശ്രവണ മനനങ്ങളിലൂടെ നമുക്കറിയാം നമ്മൾ ഇന്നലെ വരെ ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്ന കാര്യങ്ങൾ ഇന്ന് തിരുത്തേണ്ടി വരും ദീർഘകാലം നമ്മൾ ശ്രവണ മലനങ്ങളിൽ മുഴുകിയിരുന്നിട്ടും നിരന്തരം നമുക്ക് നമ്മെ തന്നെ കറക്റ്റ് ചെയ്യേണ്ടി വരും എന്തുകൊണ്ട് ആ വിപരീത ജ്ഞാനങ്ങൾക്ക് ഭ്രാന്തിക്ക് എല്ലാമുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് തത്വത്തെ ശ്രവിക്കുമ്പോഴും തന്നെ ജ്ഞാന കർത്താവായും അനിത്യമായും ഒക്കെ ഗ്രഹിക്കേണ്ടി വരുന്നു അതാണ് അനുഭവം അതോ ജ്ഞാനകർത്തൃത്വ ജപ്തിർ ബ്രഹ്മേത്യുക്തം അയുക്തം സസ്വരൂപം കേവലമായ ജ്ഞാനമാണ് ചിസ്വരൂപമാണ് സമ്മിസ്വരൂപമാണ് എന്ന് പറയുന്നതെല്ലാം പോരായ്മ ഉണ്ട് അത് ശരിയല്ല അനിത്യത്വ പ്രസംഗാ അങ്ങനെ ഏതെങ്കിലും ഒന്നിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ തന്റെ ജ്ഞാതാവായോ കർത്താവായോ ഒക്കെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ തത്വം അസന് അനിത്യമാണെന്ന് വരും അസംബന്ധമാണെന്നും വരും അനിത്യത്വ പ്രസംഗം അതാണ് സർവവ്യാപമായിരിക്കുന്ന ഈ തത്വത്തെ അനിത്യമായി സ്വീകരിക്കാൻ കഴിയത്തില്ല അനിത്യമാണ് പക്ഷെ തന്റെ വിചാരത്തിൽ പോരായ്മകൾ വന്നുകഴിഞ്ഞാൽ ഇതിനെയും അനിത്യമായി സ്വീകരിക്കാൻ നിർബന്ധിതനായിത്തീരും അതാണ് അനിത്യത്വ പ്രസക്തി രണ്ടു ദോഷ ഈ അയുക്തിയാണ് ശ്രോതാവിൽ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സ്വസ്വരൂപം ബ്രഹ്മമാണെന്ന് ബോധിപ്പിക്കുമ്പോൾ ആശ്ചര്യം ഞാൻ ബ്രഹ്മമാണെന്ന് ധരിക്കുന്നു തന്നിൽ അത്തരത്തിലുള്ള ഒരു ജ്ഞാനത്തിന്റെ കർതൃത്വം വന്നു കർത്തൃത്വത്തെ നിഷേധിച്ചിട്ടുള്ള കേവലമായ ജപ്തി സമ്മിസ്വരൂപമാണ് താൻ എന്ന് ഗ്രഹിക്കാൻ കഴിയുന്നില്ല അങ്ങനൊരു കർത്തൃത്വ ബോധം വന്നു കഴിഞ്ഞാൽ അവിടെ അനിത്യത്വം വരുന്നു അനിത്യത്വബോധം വരുന്നു അതുകൊണ്ട് വിചാരം ശ്രോതാവിനെ ഒരിടത്തും എത്തിക്കുന്നില്ല എന്നാ പറഞ്ഞു വരുന്നത് അതിന് പരിഹാരം വേണം അതാണിവിടെ ആചാര്യനോട് ആവശ്യപ്പെടുന്നത് എങ്ങനെ ഈ പരിമിതിയിൽ നിന്ന് കരകയറാം എന്നുള്ളതാണ് തത്വത്തെ ശ്രവിച്ചിട്ടും പരിമിതി പറയുന്നു എത്രയൊക്കെ കേട്ടിട്ടും ഞാൻ നന്നാവുന്നുവേകത്തിൽ വരുന്ന പരിമിതി ആചരണത്തിൽ വരുന്ന പരിമിതി എല്ലാം വരാം അതിന്റെ പരിഹാരം ബാഹ്യമായി സാധ്യമല്ല കേവലം ആ വിചാരത്തിന് സാധ്യമ അതിന്റെ പരിഹാരമൊന്നുമില്ല ആത്മപ്രകാശത്തിലെ സാധ്യമാ അതാണ് ഇനി പറഞ്ഞു വരുന്നത് ഈ ദോഷത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി പറഞ്ഞു അതോ ജ്ഞാനകർത്തൃത്വ ഞപ്തിർ ബ്രഹ്മേരി അയുക്തം അനിത്തിത്വ പ്രസംഗാച്ച എതി നാമാ ജപ്തിർ ജ്ഞാനമിതി ഭാവരൂപത ബ്രഹ്മണഹത്താവി അനിത്യത്വം പ്രസജന്ത്രേത് പറയുന്നു ധത്വർത്ഥാനാം കാരകത്വ ഇവിടെ മറ്റൊരു വിഷയം ചർച്ച ചെയ്യുക ശബ്ദങ്ങളെല്ലാം ധാതുക്കളിൽ നിന്നാണ് ഉണ്ടാവുന്നത് ധാതു എന്ന് പറഞ്ഞാൽ ചെറിയവാചി സഹനഗതി ശബ്ദങ്ങൾ രണ്ടായിത്തിരിക്കും ഒന്നെന്താണോ രൂഢം അൂരത്തിലുള്ള ശബ്ദങ്ങൾ മറ്റൊന്ന് വിത്പന്നം രൂഢം എന്ന് പറഞ്ഞാൽ ധാതുക്കളിൽ നിന്ന് വരുന്നത് അല്ല വിത്പന്നം എന്ന് പറഞ്ഞാൽ ധാതുക്കളിൽ നിന്ന് വരുന്നത് അങ്ങനെ പൊതുവെ സാമാന്യമായി തിരിക്കുമെങ്കിലും ആത്യന്തികമായിട്ട് എന്താണ് സർവ ശബ്ദങ്ങളും വിത്പ്പനങ്ങളും തന്നെ അതാണ് വയ്യാകരണന്മാരും പറയുന്നു എന്നുവെച്ചാൽ അതിനെല്ലാം ഒരു മൂലരൂപം ഉണ്ടാകും ആ ശബ്ദങ്ങൾ ആ മൂലരൂപത്തിൽ നിന്ന് അത് ക്രിയകളായി മാറുന്നു നാമങ്ങളായി മാറുന്നു പലതരത്തിലും മാറുന്നു ഒരു മൂല രൂപത്തിന്റെ മൂലമായ അർത്ഥം എന്താണ് അതാണ് ക്രിയ ഗമ അതിനൊന്നാണ് ഗന്ധാവ് എന്നുള്ള ശബ്ദമുണ്ടാകും ഗമിക്കുന്നവൻ അപ്പോ ദമുധാതുവിന് ഗന്ധാവ് എന്നുള്ള രൂപം ഉണ്ടായപ്പോ ദമിക്കുന്നവൻ എന്നുള്ള അർത്ഥം വന്നു പക്ഷെ അതിന്റെ മൂല രൂപം എന്താണ് ഗമുധാതു മൂല അർത്ഥം എന്താണ് ഗമനക്കറിയ അതിന് പരിണാമങ്ങളൊക്കെ സംഭവിച്ച് ബന്ധാവ് ഗമിക്കുന്നവനെന്നുള്ള അർത്ഥം വന്നെങ്കിലും മൂലരൂപവും മൂല അർത്ഥവും അത് മൂലരൂപം ഗമെന്ന് പറയുന്ന ശബ്ദമായും മൂലാർത്ഥം ക്രിയയായും ഇരിക്കുന്നു ഏത് ധാതു എടുത്താലും മൂലരൂപത്തിൽ വ്യത്യാസം വരാം ദമ ധാതു പഠുധാതു അത് ധാതു ഇങ്ങനെ പലതരത്തിലുള്ള ധാതുക്കൾ അതിന്റെ മൂലരൂപങ്ങൾക്ക് വ്യത്യാസം വരുന്നത് പക്ഷേ അർത്ഥം ക്രിയാത്വീന ഒന്നാണ് അർത്ഥം ക്രിയാണ് പഠായാലും ശരി ഗമായാലും ശരി കൃ ആയാലും ശരി അർത്ഥം ക്രിയയാണ് ക്രിയകൾ പലതു വരാം പക്ഷേ ക്രിയാരൂപത്തിൽ അത് വേഗമാണ് കാരണം ഇവിടെ അതിലേക്ക് പോകുന്ന ശബ്ദത്തിലേക്കും അർത്ഥത്തിലേക്കും ക്രിയയിലേക്കും വെക്കും ശബ്ദത്തെ ശ്രമിച്ച് ശബ്ദത്തിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ശബ്ദം കൂടാതെ ധരിക്കാനുള്ള ശേഷി വേണം ദക്ഷിണാമൂർത്തി ഉപദേശിച്ചപ്പോൾ സനതാദികൾ ഗ്രഹിച്ചത് പോലെ അതില്ലാത്തടത്തോളങ്ങാല് ശബ്ദത്തെ ആശ്രയിച്ചേ പറ്റും അപ്പൊ ശബ്ദം അതിൻ്റെ അർത്ഥം ഇതിനതുമായിട്ടുള്ള ബന്ധം ഇതെല്ലാം ചിന്തിക്കേണ്ടി വരും അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും പറഞ്ഞതിനു ശേഷം പിന്നെ ശബ്ദത്തിലേക്കും അർത്ഥത്തിലേക്കും ക്രിയയിലേക്കും മറ്റും പോകുന്നു അപ്പൊ സർവധാതുക്കൾക്കും ക്രിയ അർത്ഥമായിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ബ്രഹ്മം ആത്മാവ് ഏത് ശബ്ദം ഉപയോഗിച്ചാരിച്ച അവിടെ കാത്തിയന്തികമായിട്ടൊരു സ്ത്രീ ക്രിയയിൽ നിന്നായിരിക്കും തുടക്കം ഉദാഹരണം ബ്രഹ് ബ്രഹി വൃദ്ധവും വർദ്ധിക്കുക ആത്മാഅത സാത്വികമനെ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെയുള്ള ധാതുക്കളിൽ നിന്നാണ് ഇതുണ്ടാകുന്നത് അവിടെ ക്രിയക്കൊരു പ്രാധാന്യമുണ്ട് സ്ത്രീയാണ് അർത്ഥത്തെ പിന്നീട് വിപുലീകരിക്കാൻ സഹായിക്കുന്നതും ശബ്ദത്തിൽ നിന്ന് ശബ്ദത്തിന് സ്വയം അർത്ഥമായിരിക്കുന്നതും അതൊക്കെ ക്രിയയുടെ സവിശേഷതകളാണ് അപ്പൊ ഇവിടെ ബ്രഹ്മമെന്നും ആത്മാവെന്നും എല്ലാം പറയുമ്പോൾ ആ അർത്ഥത്തെ മൂലാർത്ഥത്തെ ഗ്രഹിക്കുന്നു അതേ നിഷേധിക്കുന്നു മൂലാർത്ഥത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ ക്രിയാരൂപത്തിലുള്ള അർത്ഥത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ അവിടെ അദ്വൈതത്തിന് പലതരത്തിലും ദോഷം വരും അതിനെ ചർച്ച ചെയ്യും അതുകൊണ്ട് അത് സ്വീകരിക്കാൻ സാധ്യമല്ല അത് കഴിഞ്ഞ് ആ ക്രിയെ ആശ്രയിച്ചു വരുന്ന രൂപാന്തരങ്ങൾ നാനാർത്ഥത്തെ ബോധിപ്പിക്കും കൃധാതു കരോതി ചെയ്യുന്നു മൂലാർത്ഥം ഭർത്ത ചെയ്യുന്നവൻ പരിശതി ചെയ്യും പലതരത്തിലുള്ള ക്രിയാർത്ഥങ്ങൾ താരകൃതം പലതരത്തിൽ രൂപം മാറ്റം വരുന്നു അവിടെയെല്ലാം ചെയ്യുന്നു ധത്വർത്ഥം തന്നെ നാനാർത്ഥത്തിന് കാരണമായിത്തീരുന്നു അപ്പോൾ ഇവിടെയും ബ്രഹ്മം എന്ന് പറയുന്ന ഒരു ധാതു നിഷ്പന്നമായ ശബ്ദമാണ് അപ്പോൾ അവിടെ ആ ധാത്തു സ്വീകരിച്ചേ പറ്റും സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇതിവിടെ ചെന്നേക്കും നാണാർത്ഥങ്ങളിൽ പോയിരിക്കും പല ദോഷങ്ങളുമുണ്ട് താരകാപേക്ഷത്വം വരും തുടങ്ങിയ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മം ആത്മാവ് എന്നൊക്കെ പറഞ്ഞങ്ങ് ഉപേക്ഷിക്കുക ആ ശബ്ദങ്ങളിലൂടെ എല്ലാം പരമാർത്ഥ തത്വത്തെ എങ്ങനെ ഏത് തരത്തിൽ ബോധിപ്പിക്കാം എന്ന് വളരെ യുക്തിയുക്തമായി ശാസ്ത്രീയമായി ഇവിടെ തെളിയിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ മന്ത്രത്തിനും ഈ മന്ത്രത്തിന്റെ വ്യാഖ്യാനത്തിന് ഇത്രയും വലിയ പ്രാധാന്യമൊന്നും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അത് ഗ്രഹിക്കാമെങ്കിൽ നേരാമണ്ണം അതുകൊണ്ട് ഏത് ശബ്ദം ഇതിൽ പ്രയോഗിച്ചാലും അതിലെല്ലാം ദോഷം വരും അതാണ് പറഞ്ഞു വരുന്നത് ഏതെങ്കിലും ഒരു ദോഷം വന്നിട്ട് ഇതിന്റെ വാസ്തവ സ്വരൂപത്വം മറയ്ക്കും ഇതിന്റെ ഏകത്വഭാവത്തെ അത് നിഷേധിക്കും അങ്ങനെ വന്നുകഴിഞ്ഞാൽ അതിന്റെ ഫലമായി വരുന്ന തത്വസാക്ഷാത്കാരവും ആത്മസ്വാതന്ത്ര്യമൊന്നും നടക്കാതെ പോകും ആ ദോഷങ്ങളും ആ ദോഷത്തിലുള്ള പരിഹാരങ്ങളും ൊക്കെയാണ് ഇവിടെ